ം മുപ്പത്തിമൂന്ന് അനന്തരം യാക്കോബ് തല പൊക്കി നോക്കി യശാവും കൂടെ നാനൂറ് ആളും വരുന്നത് കണ്ടു തന്റെ മക്കളെ ലേയയുടെ അടുക്കലും റാഹേലിന്റെ അടുക്കലും രണ്ട് ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ച് നിർത്തി അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും ലേയെയും അവളുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസെഫിനെയും ഒടുക്കമായും നിർത്തി അവനവർക്കു മുമ്പായി കടന്ന് ഏഴു പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തു ചെന്നു യേശാവ് അവനെ എതിരേറ്റു ആലിംഗനം ചെയ്തു അവന്റെ കഴുത്തിൽ വീണ് ചുംബിച്ചു രണ്ടു പേരും കരഞ്ഞു പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു നിന്നോട് കൂടെയുള്ള ഇവർ ആർ എന്ന് ചോദിച്ചതിന് ദൈവം അടിയനെ നൽകിയിരിക്കുന്ന മക്കളെന്ന് പറഞ്ഞു അപ്പോൾ ദാസിമാരും മക്കളും അടുത്തുവന്ന് നമസ്കരിച്ചു ലേയും മക്കളും അടുത്തുവന്ന് നമസ്കരിച്ചു ഒടുവിൽ ോസെഫും റാഹേലും അടുത്തുവന്ന് നമസ്കരിച്ചു ഞാൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും എന്തിന് എന്ന് അവൻ ചോദിച്ചതിന് യജമാനന് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു എന്നവൻ പറഞ്ഞു അതിനേശാവ് സഹോദര എനിക്ക് വേണ്ടുന്നത് ഉണ്ട് നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു അതിന് യാക്കോബ് അങ്ങനെയല്ല എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ സമ്മാനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ ദൈവത്തിന്റെ മുഖം കാണുന്നതുപോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്കെന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു എനിക്ക് വേണ്ടുവോളം ഉണ്ട് എന്നു പറഞ്ഞ് അവനെ നിർബന്ധിച്ചു അങ്ങനെ അവൻ അതു വാങ്ങി പിന്നെ അവൻ നാം പ്രയാണം ചെയ്തു പോകാം ഞാൻ നിനക്ക് മുമ്പായി നടക്കാം എന്ന് പറഞ്ഞു അതിനവൻ അവനോട് കുട്ടികൾ നന്ന ഇളയവർ എന്നും കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെയുണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും യജമാനൻ അടിയനെ മുമ്പായി പോയാലും എന്റെ കൂടെയുള്ള കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്കൊത്തവണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് സേ്യീരിൽ യജമാനന്റെ അടുക്കൽ വന്നുകൊള്ളാമെന്ന് പറഞ്ഞു എന്റെ ആളുകളിൽ ചിലരെ ഞാൻ നിന്റെ അടുക്കൽ നിർത്തട്ടെ എന്നേശാവ് പറഞ്ഞതിന് എന്തിന് യജമാനന്റെ കൃപയുണ്ടെങ്കിൽ മതിയെന്ന് അവൻ പറഞ്ഞു അങ്ങനെ യേശാവ് അന്ന് തന്റെ വഴിക്ക് സേയിലേക്ക് മടങ്ങിപ്പോയി യാക്കോബോ സൂക്കോത്തിന് യാത്ര പുറപ്പെട്ടു തനിക്ക് ഒരു വീട് പണിതു കന്നുകാലിക്കൂട്ടത്തിന് തൊഴുത്തുകളും കെട്ടി അതുകൊണ്ട് ആ സ്ഥലത്തിന് സൂക്കോത്ത് എന്നു പേർ പറയുന്നു യാക്കോബ് പദ്ധനരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ഷേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിന്റെ അരികെ പാളയമടിച്ചു തൻ കൂടാരമടിച്ച നിലം ഷേഖേമിന്റെ അപ്പനായ ഹാമൂരിന്റെ പുത്രന്മാരോട് നൂറു വെള്ളിക്കാശിന് വാങ്ങി അവിടെ അവൻ ഒരു യാഗപീഠം പണിതു അതിന് എൽ എലോഹെ ഇസ്രയേൽ എന്ന് പേറിട്ടു